തീർച്ചയായും സൊഫായും മറുവയും അള്ളാഹുസുബഹാനുഹൂവറ്റയാലായുടെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അതിനാൽ ആ ഭവനത്തിൽ ഹജ്ജ് ചെയ്യുന്നവനോ റൊംബ്ര ചെയ്യുന്നവനോ അവയ്ക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നതിൽ തെറ്റില്ല ആരെങ്കിലും സ്വമേധയാ നന്മ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുസുബഹാനുഹൂവറ്റയാല അതിനംഗീകരിക്കുന്നവരുമെല്ലാം അറിയുന്നവരുമാണ്